ധ്യായം പതിനൊന്ന് ശലോമോൻ രാജാവ് പറവോന്റെ മകളെ കൂടാതെ മോവാബ്യർ അമ്മോന്യർ ഏതോമ്യർ സീതോന്യർ ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരുത്തികളായ അനേക സ്ത്രീകളെയും സ്നേഹിച്ചു നിങ്ങൾക്ക് അവരോടുകൂടി കലർച്ച അരുത് അവർക്ക് നിങ്ങളോടും കൂടി കലർച്ച അരുത് അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ചു കളയുമെന്ന് യഹോവ ഇസ്രയേൽ മക്കളോട് അരുളി അന്യജാതികളിൽ നിന്നുള്ളവരെ തന്നെ അവരോട് ശലോമോൻ സ്നേഹത്താൽ പറ്റിച്ചേർന്നിരുന്നു അവന് എഴുന്നൂറ് പുലീന പത്നികളും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു അവന്റെ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു എങ്ങനെയെന്നാൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവന്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു അവന്റെ ഹൃദയം അവന്റെ അപ്പനായ ദാവീദിന്റെ ഹൃദയം പോലെ തന്റെ ദൈവമായ യഹോവയിങ്കൽ ഏകാഗ്രമായിരുന്നില്ല ശലോമോൻ ശീതോന്യദേവിയായ അസ്തോര്യത്തിനെയും അമ്മോന്യരുടെ വിഗ്രഹമായ മിൽക്കോമിനെയും ചെന്ന് സേവിച്ചു തന്റെ അപ്പനായ ദാവീദിനെ പോലെ യഹോവയെ പൂർണമായി അനുസരിക്കാതെ ശലോമോൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു അന്ന് ശലോമോൻ എരുഷലേമിനെതിരെയുള്ള മലയിൽ മോവാബ്യറുടെ മ്ളേച്ഛവിഗ്രഹമായ കെമോഷിനും അമോനിയരുടെ മ്ളേച്ചവിഗ്രഹമായ മോലേക്കിനും ഓരോ പൂജാഗിരി പണിതു തങ്ങളുടെ ദേവന്മാർക്ക് ധൂപം കാട്ടിയും ബലി കഴിച്ചും പോന്ന അന്യജാതിക്കാരികളായ സകല ഭാര്യമാർക്കും വേണ്ടി അവൻ അങ്ങനെ ചെയ്തു തനിക്ക് രണ്ടു പ്രാവശ്യം പ്രത്യക്ഷനാകുകയും അന്യദേവന്മാരെ ചെന്ന് സേവിക്കരുതെന്ന കാര്യത്തെക്കുറിച്ച് തന്നോട് കൽപ്പിക്കുകയും ചെയ്തിരുന്ന ഇസ്രയേലിന്റെ ദൈവമായ ഹോവയെ വിട്ട് ശലോമോൻ തന്റെ ഹൃദയം തിരിക്കുകയും യഹോവ കൽപ്പിച്ചത് പ്രമാണിക്കാതെ ഇരിക്കുകയും ചെയ്യുക യഹോവ അവനോട് കോപിച്ചു യഹോവ ശലോമോനോട് അരുളി ചെയ്തത് നിയമവും ഞാൻ നിന്നോട് കൽപ്പിച്ച കൽപ്പനകളും നീ പ്രമാണിച്ചില്ല എന്നുള്ള സംഗതി നിന്റെ പേരിലിരിക്കണ്ട് ഞാൻ രാജത്വം നിങ്ങൾ നിന്ന് നിയമായി പറ നിന്റെ ദാസനെ കൊടുക്കും എങ്കിലും നിന്റെ അപ്പനായ ദാവീദിൻ നിമിത്തം ഞാൻ നിന്റെ ജീവകാലത്ത് അത് ചെയ്യുകയില്ല എന്നാൽ നിന്റെ മകന്റെ കയ്യിൽ നിന്ന് അതിനെ പറിച്ചു കളയും എങ്കിലും രാജത്വം മുഴുവനും പറിച്ചു കളയാതെ എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ തിരഞ്ഞെടുത്ത യരുഷലേമിൻ നിമിത്തവും ഒരു ഗോത്രത്തെ ഞാൻ നിന്റെ മകന് കൊടുക്കും യഹോവ ഏതോമ്യനായ ഹദദ് എന്ന ഒരു പ്രതിയോഗിയെ ശലോമോന്റെ നേരെ എഴുന്നേൽപ്പിച്ചു അവൻ ഏതോം രാജസന്തതിയിലുള്ളവൻ ആയിരുന്നു ദാവീദ് ഏതോമ്യരെ നിഗ്രഹിച്ച കാലത്ത് സേനാധിപതിയായ യോവാബ് പട്ടുപോയവരെ അടക്കം ചെയ്യുവാൻ ഏതോമിലെ പുരുഷപ്രജയെ ഒക്കെയും നിഗ്രഹിച്ചപ്പോൾ ഏതോമിലെ പുരുഷപ്രജയെ ഒക്കെയും നിഗ്രഹിക്കുവോളം യോവാബും എല്ലാ ഇസ്രയേലും അവിടെ ആറുമാസം പാർത്തിരുന്നു ഹദദ് എന്നവൻ തന്റെ അപ്പൻറെ പ്രത്യന്മാരിൽ ചില ഏതോമ്യരുമായി മിശ്രമിലേക്ക് ഓടിപ്പോയി ഹദത് അന്ന് പൈതലായിരുന്നു അവർ മിഥ്യാനിൽ നിന്ന് പുറപ്പെട്ട് പാറാനിൽ എത്തി പാറാനിൽ നിന്ന് ആളുകളെയും കൂട്ടിക്കൊണ്ട് മിസ്രൈമിൽ മിസ്രൈം രാജാവായ ഫറവോന്റെ അടുക്കൽ ചെന്നു അവൻ അവന് ഒരു വീട് കൊടുത്ത് ആഹാരം കൽപ്പിച്ച് ഒരു ദേശവും കൊടുത്തു ഫറവോന് ഹതോട് വളരെ ഇഷ്ടം തോന്നി അതുകൊണ്ട് അവൻ തന്റെ ഭാര്യയായ തഹ്ബേനസ് രാജ്ഞിയുടെ സഹോദരിയെ അവനെ ഭാര്യയായി കൊടുത്തു തഹ്ബേനസിന്റെ സഹോദരി അവന് എന്നൊരു മകനെ പ്രസവിച്ചു അവനെ തഹ്ബേനസ് മുലകുടി മാറ്റി പറഞ്ഞു അങ്ങനെ ഗന്നൂബത്ത് പറവന്റെ അരമനയിൽ പറവന്റെ പുത്രന്മാരോടുകൂടെ ആയിരുന്നു ദാവീദ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു എന്നും സേനാധിപതിയായ യോവാബും മരിച്ചു എന്നും അതത് മിശ്രൈമിൽ കേട്ടിട്ട് പറവോനോട് ഞാൻ എന്റെ ദേശത്തേക്ക് യാത്രയാകേണ്ടതിന് എന്നെ അയക്കണം എന്നു പറഞ്ഞു പറവോൻ അവനോട് നീ സ്വദേശത്തേക്ക് പോകുവാൻ താൽപ്പര്യപ്പെടേണ്ടതിന് എന്റെ അടുക്കൽ നിനക്ക് എന്ത് കുറവുള്ളൂ എന്ന് ചോദിച്ചു അതിനവൻ ഒന്നുമുണ്ടായിട്ടല്ല എങ്കിലും എന്നെ ഒന്നയക്കണം എന്നു പറഞ്ഞു ദൈവം അവന്റെ നേരെ ഏല്യാദാവിന്റെ മകനായ രസോൻ എന്ന മറ്റൊരു പ്രതിയോഗിയെയും എഴുന്നേൽപ്പിച്ചു അവൻ സോഭാ ഹദദേസർ എന്ന തന്റെ യജമാനെ വിട്ട് ഓടിപ്പോയിരുന്നു ദാവീദ് ശോഭക്കാരെ നിഗ്രഹിച്ചപ്പോൾ അവൻ തനിക്ക് ആളുകളെ ശേഖരിച്ച് അവരുടെ കൂട്ടത്തിന് നായകനായി തീർന്നു അവർ ദമ്മേശക്കിൽ ചെന്ന് അവിടെ പാർത്ത് ദമ്മേശക്കിൽ വാണു ഹതദ് ചെയ്ത ദോഷം കൂടാതെ ഇവനും ഷലോമോന്റെ കാലത്തൊക്കെയും ഇസ്രയേലിന് പ്രതിയോഗിയായിരുന്നു അവൻ ഇസ്രയേലിനെ വെറുത്തു അരാമിൽ രാജാവായി വാണു സേരയിൽ നിന്നുള്ള യഫ്രൈമ്യനായ ബാത്തിന്റെ മകൻ യരോബയാം എന്ന ഷലോമോന്റെ ദാസനും രാജാവിനോട് മത്സരിച്ചു അവന്റെ അമ്മ സെരൂയ എന്നു പേരുള്ള ഒരു വിധവ ആയിരുന്നു അവൻ രാജാവിനോട് മത്സരിപ്പാനുള്ള കാരണമെന്തെന്നാൽ ഷലോമോൻ മില്ലോ പണുതു തന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിന്റെ അറ്റകുറ്റം തീർത്തു എന്നാൽ യോരോബയാം ബഹുപ്രാപ്തിയുള്ള പുരുഷൻ ആയിരുന്നു ഈ യൗവനക്കാരൻ പരിശ്രമശീലൻ എന്ന് കണ്ടിട്ട് ഷലോമോൻ യോസെഫ് ഗ്രഹത്തിന്റെ കാര്യാധികളൊക്കെയും അവന്റെ വിചാരണയിൽ ഏൽപ്പിച്ചു ആ കാലത്ത് ഒരിക്കൽ യോരോബയാം യരുഷലേമിൽ നിന്ന് വരുമ്പോൾ ശീലോന്യനായ അഹിയ പ്രവാചകൻ വഴിയിൽ വെച്ച് അവനെ കണ്ടു അവനൊരു പുതിയ അങ്കി ധരിച്ചിരുന്നു രണ്ടുപേരും വയലിൽ തനിച്ചായിരുന്നു അഹിയാവ താൻ ധരിച്ചിരുന്ന പുതിയ അങ്കി പിടിച്ച് പന്ത്രണ്ട് ഖണ്ണമായി കീറി യോരോബാമിനോട് പറഞ്ഞതെന്തെന്നാൽ പത്തുഖണ്ണം നീ എടുത്തുകൊള്ളുക ഇസ്രയേലിന്റെ ദൈവമായ ഹോവ ഇപ്രകാരം അരുളി ഇതാ ഞാൻ രാജത്വം ശലോമോന്റെ കൈയിൽ നിന്ന് പറിച്ചു കീറി പത്തുഗോത്രം നിനക്ക് തരുന്നു എന്നാൽ എന്റെ ദാസനായ ദാവീദിൻ നിമിത്തവും ഞാൻ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത യെരുഷലേം നഗരം നിമിത്തവും ഒരു ഗോത്രം അവനിരിക്കും അവർ എന്നെ ഉപേക്ഷിച്ചു സീതോന്യദേവിയായ അസ്തോരേത്തിനെയും മോവാബ്യ ദേവനായ കെമോഷിനെയും അമൂന്യദേവനായ മിൽകോമിനെയും നമസ്കരിക്കുകയും അവന്റെ അപ്പനായ ദാവീദ് എന്ന എനിക്ക് പ്രസാദമായുള്ളത് ചെയ്യുവാനും എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിപ്പാനും അവർ എന്റെ വഴികളിൽ നടക്കാതെ ഇരിക്കുകയും ചെയ്തതുകൊണ്ട് എന്നാൽ രാജത്വം മുഴുവനും ഞാൻ അവന്റെ കയ്യിൽ നിന്ന് എടുക്കയില്ല ഞാൻ തിരഞ്ഞെടുത്തവനും എന്റെ കൽപ്പനകളെയും ചട്ടങ്ങളെയും പ്രമാണിച്ചവനുമായ എന്റെ ദാസൻ ദാവീദൻ നിമിത്തം ഞാൻ അവനെ അവന്റെ ജീവകാലത്തൊക്കെയും പ്രഭുവായി വച്ചേക്കും എങ്കിലും അവന്റെ മകന്റെ കയ്യിൽ നിന്ന് ഞാൻ രാജ്യത്വം എടുത്ത് നിനക്കുതരും പത്തു ഗോത്രങ്ങളെ തന്നെ എന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഞാൻ തിരഞ്ഞെടുത്ത യരുഷലേം നഗരത്തിൽ എന്റെ മുമ്പാകെ എന്റെ ദാസനായ ദാവീതിന് എന്നേക്കും ഒരു ദീപം ഉണ്ടായിരിക്കക്കവണ്ണം ഞാൻ അവന്റെ മകന് ഒരു ഗോത്രത്തെ കൊടുക്കും നീയോ നിന്റെ ഇഷ്ടം പോലെയൊക്കെയും വാണ് ഇസ്രയേലിന് രാജാവായിരിക്കേണ്ടതിന് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നതൊക്കെയും നീ കേട്ട് എന്റെ വഴികളിൽ നടന്ന് എന്റെ ദാസനായ ദാവീദ് ചെയ്തതുപോലെ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് എനിക്ക് പ്രസാദമായുള്ളത് ചെയ്താൽ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും ഞാൻ ദാവീദന് പണിതതുപോലെ നിനക്ക് സ്ഥിരമായൊരു ഗ്രഹം പണിത് ഇസ്രയേലിനെ നിനക്ക് തരും ദാവീദിന്റെ സന്തതിയെയോ ഞാൻ ഇതു നിമിത്തം താഴ്ത്തും സദാകാലത്തേക്കല്ല താനും അതുകൊണ്ട് ഷലോമോൻ യോരോബയാമിനെ കൊല്ലുവാൻ അന്വേഷിച്ചു എന്നാൽ യോരോബയാം എഴുന്നേറ്റ് മിസ്രൈമിൽ ശീശക് എന്ന മിസ്രൈം രാജാവിന്റെ അടുക്കൽ ഓടിപ്പോയി ഷലോമോന്റെ മരണം വരെ അവൻ മിസ്രീമിൽ ആയിരുന്നു ഷലോമോന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തതൊക്കെയും അവന്റെ ജ്ഞാനവും ഷലോമോന്റെ വൃത്താന്ത എഴുതിയിരിക്കുന്നുവല്ലോ ഷലോമോൻ എരുഷലേമിൽ എല്ലാ ഇസ്രായേലിനെയും വാണകാലം നാൽപ്പത് സംവത്സരം ആയിരുന്നു ഷലോമോൻ തന്റെ പിതാക്കന്മാരെ പോലെ നിദ്രപ്രാപിച്ചു അവന്റെ അപ്പനായ ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ രഹബയാം അവന് പകരം രാജാവായി